നിത്യനൈമിത്തിക കർമ്മ അനുഷ്ഠാന സ്വഭാവ അപാസ്തത്വമാണ് ഭാഷകാരം പറയുന്നത് ശബ്ദജ്ഞാനം ഉണ്ടായി ശ്രുതിയിൽ നിന്നും പിന്നെ അത് നിർഭികിത്സ ജ്ഞാന പിന്നെ അതിന്റെ സംശയരഹിതമായി ഞാൻ പിന്നെ അതിന്റെ ധ്യാനം നിത്യാസം ഈ ധ്യാനം ചെയ്യുന്ന സമയത്ത് നിത്യ നൈമിതിക കർമ്മ അനുഷ്ഠാനങ്ങളൊന്നും വേണ്ട അതാണ് സന്യാസം മറ്റു കർമാനുഷ്ഠാനങ്ങളൊന്നും ആവശ്യമില്ല അങ്ങനെ കർമാനുഷ്ഠാനങ്ങളിലൂടെ വേണമെന്ന് പറയുന്നതാണ് ജ്ഞാനകർമ്മ സമുച്ചയം ധ്യാനിക്കുന്നു ആ സമയത്ത് നിത്യകർമ്മവും ചെയ്യുന്നു നൈമിത്യകർമ്മങ്ങളും ചെയ്യുന്നു പറഞ്ഞാൽ ജ്ഞാനകർമ്മ സമുച്ചയം അത് നേരത്തെ ഭാവനികാരം പറഞ്ഞു അതിന്റെ ആവശ്യമില്ല അവിടെ ഈ ജ്ഞാനകർമ്മ സമുച്ചയം എന്നൊക്കെ പറയും ആൾക്കാർക്ക് ഇത് മനസ്സിലാകാൻ വയ്യാതെ എന്തൊക്കെയാ ഈ നറായപുരുടെയൊക്കെ വ്യാഖ്യാനത്തിൽ എഴുതി വച്ചിരിക്കുന്ന എന്തൊക്കെ വെട്ടിത്തരങ്ങളാണെന്നു പറഞ്ഞു ഞാനൊരു ഏഹ് അതൊന്നും അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു പിടികം കിട്ടി ഇതൊന്നും അറിയത്തില്ല പേരന്റുകൂടെ ഗുരുന്ന് എഴുതി വെച്ച ഗുരുവാണ് അത് ഈ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്നത് ഒരു സാങ്കേതികമായൊരു വിഷയമാണ് അത് അതിന്റെ ആ ശാസ്ത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണോ വെറുതെ എന്തെങ്കിലും ാണ് അന്യർക്ക് ഗുണം ചെയ്യുന്നതിന് ആയുസ് വപസ് ധന്യത്വമൂടെ ആത്മ തപസ്സം ബലി ചെയ്യും എന്ന് പറയുന്നത് എത്രയോ ഉയർന്ന ആശയമാണ് മരണശാരിക്ക് വെച്ചിരിക്കുന്നത് അത് മനസിലാക്കുന്നില്ല വെച്ചു കഴിഞ്ഞാൽ അതിനെ വിട്ടിത്വം എന്ന് പറഞ്ഞാലും പോലെ എങ്ങനെ കാണുന്നു എങ്ങനെ കാണുന്നു എന്നാണ് അവിടെ എന്താ എഴു വെച്ചിരിക്കുന്നത് എന്താ എന്റെ അർത്ഥം എന്താ മനസ്സിലാക്കി വായിച്ചിട്ട് എന്താ കളയുന്നത് അങ്ങനെ ഏത് തരത്തില എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കവിത വായിക്കുമ്പോഴേ ലോ ലെവല പ്രാർത്ഥന ഗുണം ചെയ്യാൻ ആയുസവും ധന്യത്തിനോടങ്ങ് ആത്മദിവസം വില ചെയ്യുന്നത് വളരെ ഉയർന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് മനസ്സിലെ ഈ ബലി ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഇവരെ മനസ്സി വരുന്നത് ആട്ടിന്റെ ഒക്കെ കഴുത്തിറക്കുന്നാണ് വെച്ചിട്ടാണോ ഇനി ബലി എന്ന് പറയുന്നത് അങ്ങനെ ഒരർത്ഥമേ അറിയാവൂ അത് അത് അതാ അത് മനസ്സിലാക്കുന്നതിന്റെ നിങ്ങളെന്ത് സമാധാനം പറയുന്നതിനും അത് കേക്കട്ടെ സെഗറ്റി മതങ്ങളുടെ ബലി എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃത മതം അല്ലേ അതിനങ്ങനെ അവിടെ വരുന്ന ഈ പദം മനസിലാക്കുന്നു ആ സമർപ്പണമാണ് സമർപ്പണമെന്നുള്ളതാണ് ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അന്യർക്ക് ഗുണം ചെയ്യുന്നതിനു വേണ്ടി നിസ്വാർത്ഥമായി എല്ലാം സമർപ്പിച്ചു എന്നാണ് എന്റെ അർത്ഥം അതിനെന്താ തെറ്റന്ത അതിനെന്താ ദോഷം ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു പ്രാർത്ഥനയാണ് അത് ഗുരുവിന്റെ നിസ്വാർത്ഥതയും ത്യാഗത്തെയും കാണിക്കുകയാണ് അത് മനസ്സിലാക്കാൻ കഴിയില്ലാതെ അത് വിമർശിക്കുകയെന്ന് പറഞ്ഞു അത് ശുദ്ധ വിവരക്കേടാ പറയുന്നത് എന്ന് വെച്ചാൽ അവരുടെ പ്രശ്നം എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് അവർക്ക് അദ്വൈതം മനസ്സിലായിട്ടില്ല അതാണ് പ്രശ്നം ശങ്കരാചാര്യ അനുഭവിച്ചിരിക്കുന്ന ശങ്കരാചാര്യ അദ്വൈതം വിവേക ചൂടാമണീ വായിച്ച് മനസ്സിലാക്കി വരോ ഇവരൊക്കെ അങ്ങനെ പറയ ശങ്കര ഭക്ഷ്യത്തെ കുറിച്ച് കാര്യമായ ഒരറിവൊന്നുമില്ല പിന്നെ കരോതി വിധിപത് കർമ്മ ജഗതാം ഹിതമുദ്ദേശ്യ എന്ന് എഴുതി വെച്ചിരിക്കുന്നതിന് ഇവരെന്താർത്ഥം പറയും കരോതിവിധി ഗുരു എഴുതി വെച്ച അതിനെന്താർത്ഥം പറയും അതെ സന്ദർഭത്തിൽ പറയാ ചെന്നില്ലെന്ന് പറയില്ല പക്ഷെ ഒരിക്കലും എന്നെ വിളിച്ചത് പിന്നെ എന്നെ വിളിച്ചിട്ടില്ല ഒരേ ഒരു വേണേ വിളിച്ചു അന്ന് തന്നെ അവർക്ക് മനസ്സിലായി എന്നെ വിളിച്ചാൽ പ്രശ്നമാകും പിന്നെ വിളിച്ചിട്ടില്ല ോട്ടെ അപ്പൊ ഇവിടെ എന്താണ് നിത്യനിയമിത്യ കർമ്മ അനുഷ്ടമാണ് അതായത് നിതിയാസനത്തിനോടൊപ്പം ഭാവനികാരന്റെ അഭിപ്രായമാണ് നിധ്യാസനം ചെയ്യുന്ന ആ വ്യക്തി അങ്ങനെ നീതിയാസനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിത്യകർമ്മങ്ങളും നൈമിത്യകർമ്മങ്ങളും അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് ജ്ഞാനകർമ്മ സമുച്ചയം എന്നുപറയുന്ന ഇതാകും സമുച്ചയം എന്ന് വെച്ചാൽ രണ്ടും ഒരേ കാലത്ത് ഒരേ വ്യക്തി അനുഷ്ഠിക്കുന്നു അതാണ് സമുച്ചയം എന്ന് പറയുന്നത് ഒരേ കാലത്ത് ഒരേ വ്യക്തി രണ്ടും അനുഷ്ഠിക്കുന്നു അത് വരാൻ പാടില്ല കാരണം എന്തുകൊണ്ട് ഈ തത്വജ്ഞാനി ജ്ഞാനം വരുമ്പോ അതിന്റെ അടിസ്ഥാനം പറയുന്നത് ജ്ഞാനം ഉണ്ടാകുന്ന ഒരാള് തന്നെ അകർത്താവാണെന്നറിയുന്നു നിത്യ നൈമിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് തന്നെ കർത്താവാണെന്നറിയണം ഇതാണ് അന്ത്യത്തിന്റെ ജീവിതം കർത്താവാണെന്ന് അറിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും കാരണം അത് വൈദിക കർമ്മങ്ങളുടെ ഒരു സ്വഭാവമാണ് കർത്താവാണെന്ന് സ്വയം മനസ്സിലാക്കിയാൽ അപ്പൊ കർത്താവാണെന്ന് തന്നെ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ആത്മാവ് താൻ ആത്മാവാണ് ആത്മാവിനെ കർത്താവാണെന്ന് മനസ്സിലാക്കിയാല് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും ഞാനും എന്ന് പറയുന്ന എന്താണ് ആത്മാവ് അകർത്താവാണെന്ന് അറിയുകയാണ് അപ്പോ താൻ ആത്മാവാണ് താൻ അകർത്താവാണെന്ന് അറിയുന്ന ആണ് ഞാൻ ആത്മാവാണ് ഞാൻ കർത്താവാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ എങ്ങനെ ചെയ്യും അത് അസാധ്യമാണ് ചെയ്യാൻ പറ്റില്ല അതാണ് ഈ ജ്ഞാനകർമ്മ സമുച്ചയത്തിന് വിരോധമുണ്ടെന്ന് പറയുന്നത് അല്ലാതെ ഞാൻ ഈ കർമ്മം ചെയ്ത വിരോധമുണ്ടെന്നല്ല പറയുന്നത് അങ്ങനെയല്ല പറയുന്നത് അപ്പൊ അത്തരം കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല ശങ്കരായ അഭിപ്രായം അനുസരിച്ച് തന്നെ എന്താണ് ഞാൻ എന്ന് പറയുന്നത് കർമ്മം ചെയ്യുന്നില്ല എന്ന് ശങ്കരായാർക്ക് അഭിപ്രായം ഉണ്ടാവും ശങ്കരായർ പറഞ്ഞാൽ ഞാനി കർമ്മം ചെയ്യുന്നു എന്ത് കർമ്മം ചെയ്യുന്നു ഭിക്ഷ അടണവർ കർമ്മമല്ലേ ഭിക്ഷ എടുക്കാന്ന് പറഞ്ഞ കർമ്മമല്ലേ പിന്നെ പൊഞ്ഞാനി എന്നെന്ത് ചെയ്യുന്നു ജ്ഞാനരക്ഷാ ഈ ആത്മതത്വ വിചാരവും മറ്റും ഞാൻ തുടരുകയാണ് അത് ശീലിച്ചത് അതൊക്കെ തുടരുന്നു അഭിപ്രായം പിന്നെ ജ്ഞാനരക്ഷ എന്നാണ് ശങ്കരാചാരൻ അപ്പൊ അത് തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മാനസികമായ കർമ്മമാണ് പക്ഷെ ഇവിടെയൊക്കെ എന്താണ് പ്രശ്നം ഭിക്ഷ എടുക്കുക അല്ലെങ്കിൽ മാനസികമായും മലണം നിത്യാസം ഇതൊക്കെ ചെയ്യുക ഇതിനൊന്നും താൻ കർത്താവാണെന്നൊരു ബോധത്തിന്റെ ആവശ്യമില്ല വൈദിക കർമ്മങ്ങളൊക്കെ പറയാൻ ഞാൻ കർത്താവാണ് എന്നറിഞ്ഞുകൊണ്ട് അത്തരം കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് കർമ്മം ചെയ്യാം ഞാനിക്കും കർമ്മം ചെയ്യുന്നതിന് ദോഷവും ഇല്ല ഞാൻ കർത്താവാണെന്നുള്ളൊരറിവ് വേണ്ടി വരുന്നത് എവിടെയാണ് എവിടെയാണ് വൈദ്യ കർമ്മം അതുകൊണ്ടാണ് ഈ നിത്യാസനം ചെയ്യുന്ന ആള് വൈദ്യ ചെയ്യാൻ ചെയ്തകർമ്മ സമുച്ചയം എന്ന് പറയുന്നത് എന്താണ് അതങ്ങനെ ചെയ്യരുതെന്നല്ല പറയുന്നത് വിചാരിച്ചിരിക്കുന്നത് എന്താണ് ജ്ഞാനകർമ്മ സമുച്ചയം അത് ഞാനീ കർമ്മം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന ഒന്നാണ് അങ്ങനെയല്ല അത് ദോഷമെന്നാ പറഞ്ഞിരിക്കുന്നത് ദോഷം എന്ന് പറഞ്ഞാൽ എന്താണ് അത് സാധിക്കില്ല ഞാൻ അകർത്താവാണ് വെച്ചാൽ കർത്താവല്ലാത്ത ആത്മാവാണെന്നറിയുന്ന ഒരാളിന് ഞാൻ കർത്താവാണെന്നുള്ള ബോധത്തോടു കൂടി നിത്യ നൈമിത്യകർമ്മങ്ങൾ ചെയ്യാൻ ഴിയില്ല അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദോഷമാണ് എന്തിന് ദോഷം ഈ പറയുന്ന അദ്വൈത ആത്മജ്ഞാനം ദോഷമാണ് നടക്കാത്ത കാര്യങ്ങള് പറയുന്നത് അവിടെ പരസ്പര വൈരുദ്ധ്യം ഒരു ദോഷമുണ്ട് അല്ലാതെ എന്താണ് ഞാൻ കർമ്മം ചെയ്തതെന്നല്ല പറയുന്നു ഇത് മനസ്സിലാക്കാതെയാണ് അവർ ഈ പറയുന്നത് ഈ പറയുന്ന മുഴുവൻ ഇനി ശങ്കരാചാര്യർ പറയുന്ന അത് കൃത്യമായി അതാണ് സ്വീകരിക്കണമെങ്കിൽ ശങ്കരാചാര്യർ പറയുന്ന അനുസരിച്ച് കരോതി വിധിവത്കർമ്മ വിധിവത്കർമ്മം ചെയ്യാന്ന് പറയുന്നത് നടക്കില്ല ശങ്കരാചാര്യ വിധിവത്കർമ്മം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് വിധിപ്രകാരമുള്ള ഒരു കർമ്മം ചെയ്യാൻ അത് അസാധ്യമാണ് അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ദോഷവും ഗുരു പറയുന്ന എന്താണ് വിധിവത്കർമ്മം ചെയ്യാമെന്നാണ് വിധിവത്കർമ്മം ചെയ്യാമെന്ന് വെച്ചാൽ എന്താണോ നീതിയും നിയമവും ന്യായവും ഒക്കെ അനുസരിച്ച് കർമ്മം ചെയ്യാവുന്നതാണ് അതിന് ജ്ഞാനം ഒരു തടസ്സമല്ലേ ഏഹ് അവിടെ ഈ എന്താണ് ശങ്കരാർ പറയുന്ന നിത്യവും നൈമിത്യവും കർമ്മങ്ങളൊന്നും മനസിലായോ നിത്യം എന്ന് പറയുന്ന ആർക്ക് വൈദികൻ വേദത്തിനനുസരിച്ച് കർമ്മം ചെയ്യുന്നവനാണ് ഈ നിത്യം നൈമിത്യം കർമ്മവും ഒക്കെ വേദത്തിൽ പറയുന്ന കർമ്മങ്ങൾ ചെയ്താളാണ് അപ്പൊ അവിടെയൊന്നും ഗുരുവിനെ സംബന്ധിച്ച് നിത്യം നൈമിത്യം കർമ്മവും എന്താ ഞാന കർമ്മം സമിച്ചമേ അവിടെ ഇല്ല ഗുരുവിന്റെ സിദ്ധാന്തമനുസരിച്ച് എന്താണ് താൻ അകർത്താമാണെന്നുള്ള ബോധം ആത്മഞ്ഞാണ് ഉണ്ടെങ്കിൽ അയാൾക്ക് വിധിവത് കർമ്മം ചെയ്യാന്ന് വെച്ചാൽ ന്യായമായ കർമ്മങ്ങൾ ചെയ്യാം നീതിയുക്തമായ കർമ്മങ്ങൾ ചെയ്യാം സമൂഹത്തിന് ക്ഷേമ കർമ്മങ്ങൾ ചെയ്യാം സമൂഹത്തിന് തന്റെ ജീവിതത്തെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യാം എന്റെ ജീവിത സമൂഹത്തിന് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ല നിസ്വാർത്ഥമായി കർമ്മം ചെയ്യാം അവിടെ നിത്യം നമുത്തിയോ അല്ലെങ്കിൽ ജ്ഞാന കർമ്മ സമുച്ചയമെന്ന് പറയുന്ന ഒരു പ്രശ്നമേ ഗുരുവിന്റെ ജീവിതത്തിൽ വരുന്നേയില്ല കാരണം ഗുരു ബ്രാഹ്മണപുരത്ത് ജനിച്ച് ഉപനയനം ചെയ്ത് വേദാധ്യനം ചെയ്ത് നിത്യവും നയത്വവും കർമ്മം അനുഷ്ഠിച്ച ആളല്ല ഈ പൊട്ടന്മാർക്ക് ശങ്കരായ പറഞ്ഞു ഒന്നും അറിയത്തില്ല അതെന്തോക്കെ വായിച്ച് തലതിരിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് വെഡിത്തങ്ങൾ പറയുന്ന അതിന്റെ യാതൊരു ബന്ധവുമില്ല അത് ശങ്കരായ പറഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കത്തിന്റെ ഇവരെ സംബന്ധിച്ച് അദ്വൈതം ഞാനം എന്ന് പറയുന്നത് വിവേക ചൂടാമണിയാണ് അത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് അവർ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഞാനീ മുനി നാരായണ പ്രസാദിന്റെ അടുത്ത് പറഞ്ഞു ഈ വിവേക ചൂടാമണി അല്ല അദ്വൈതം ഈ ശങ്കരാചാര്യ എഴുതിയത് പോലല്ല ഏതോ ഒരു ശങ്കരാഴുതിയാണ് ശങ്കര എന്ന് പറയുന്ന ഇതല്ല വേറെ അപ്പഴ അങ്ങനെയാണ് ആ നമ്പതി അങ്ങനെയാണ് എന്തുകൊണ്ട് ചന്ദ്രകാര്ഴു ഭാഷ്യത്തിഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് രണ്ടും കൂടെ യോജിക്കത്തില്ല ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ശങ്കരായിട്ട് പറഞ്ഞുകൊടുത്തു വായും പൊളിച്ചിരുന്നു എതിർത്ത് പറയാൻ വയ്യാത്തോണ്ട് മിണ്ടാകും അത് എതിർത്ത് പറയാനുള്ള അറിവില്ലല്ലോ അങ്ങനല്ല ഞാനിത് പറയുന്നത് എന്തുകൊണ്ട് അബദ്ധം പറയുന്നതുകൊണ്ടല്ല ഈ കുമാരൻ ആശാൻ അറിവില്ലെന്ന് പറഞ്ഞോണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് അല്ലാതെ ഇവർക്ക് അറിവില്ലാത്തതിലെനിക്ക് പരാതി നന്ദി കാലത്ത് തന്നെ യോഗവാസ തർജ്മുണമെന്ന് ആംബിയൻസ് ആരുടെ യോഗവാസം യോഗം അല്ല ആവശ്യാൻ ആഴത്തിന് പഠിച്ചിട്ടുള്ള അറിവുള്ള ആളല്ലേ പിന്നെ എല്ലാവർക്കും ഇപ്പൊ ഞാൻ പറയുന്നതിലും അബദ്ധം വരാം ആര് പറഞ്ഞാലും ബുദ്ധം വരാം അതൊക്കെ സംഭവിക്കാം എന്നാലും ഒരാളുടെ ആഴം എത്ര എന്നുള്ളത് ഒരാളുടെ എന്താ എത്രമാത്രം ആഴം എന്നുള്ള മനസ്സിലാക്കി വേണ്ടി അല്ലെ വിമർശിക്കാം എഴുതിയിരിക്കുന്നതിന്റെ താല്പര്യം മനസ്സിലാക്കി എന്നെ അപ്പോ ഈ ശങ്കരായര് പറയുന്നതും ഗുരുദേവൻ പറയുന്നതുമായിട്ട് ആദ്യം തമ്മിലൊരു ബന്ധവുമില്ല ശങ്കരായ ഈ കാര്യത്തിലൊന്നും ശങ്കരായരുടെ കാഴ്ചപ്പാടല്ല ഗുരുവിന്റെ കാഴ്ചപ്പാട് ശങ്കരായന്റെ ജീവിതമല്ല ഗുരുവിന്റെ ജീവിതം അപ്പോ ഗുരുവിന്റെ സിദ്ധാന്തമനുസരിച്ച് ഈ ജ്ഞാനകർമ്മ സമുച്ചയം എന്ന് പറയുന്ന ഒരു പ്രശ്നമേ അവിടെ ഇല്ല കാരണം ഗുരുവൈദികനല്ല അതുകൊണ്ട് ശങ്കരയാർക്ക് ജ്ഞാനകർമ്മം സംവിധേം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഗുരുവിന് ജ്ഞാനകർമ്മം സമിതി എന്ന് പറയുന്നൊരു പ്രശ്നം ഇല്ല പിന്നെ ഗുരുവിന് പിന്നെ കർമ്മം ചെയ്താലും എന്താ ദോഷം ആ കർമ്മം ത്യാഗപൂർവ്വം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് എന്താ ദോഷം ഗുരു വ്യാഖ്യാന വഴി ഗുരുവായ ഗുരു സമൂഹത്തിന് വേണ്ടി നന്മ പ്രവർത്തിച്ച ഗുരുവായ പ്രവൃത്തിയിലൂടെയാണ് ഇത് ഗുരുവായത് സമൂഹത്തിന്റെ ഗുരു എന്താണ് ഗുരു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഗുരു എന്ന് വെച്ചാ ടീച്ചർ പഠിപ്പിക്കുന്നാണ് ഗുരു അങ്ങനത്തെ ഗുരുവാണ് ആണോ പഠിപ്പിക്കുന്ന ഗുരുവാണ് അങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരും ഗുരുവാണ് പിന്നെ ഈ ഗുരുവിന്റെ പേരിന്റെ കൂട്ടത്തിൽ ഗുരുവെന്ന് എഴുതിയാണ് ആൾക്കാർ സംശയമുള്ളത് ഗുരു എന്ന് പറയുന്നത് സമൂഹത്തിന് നന്മ ചെയ്തിന്റെ പേരിൽ സമൂഹം അംഗീകരിച്ചയാളാണ് ഗുരുവിന്റെ അങ്ങനെ സമൂഹത്തിന്റെ അംഗീകാരം നേടിയ ആളാണ് സമൂഹത്തിന് നന്മ ചെയ്തു ആ നന്മ എന്ന് പറയുന്ന ഗുരുവിന്റെ പ്രവൃത്തിയാണ് പ്രധാനമായിട്ടും അവിടെ ജ്ഞാനകർമ്മം സംബന്ധിച്ചു തോന്നുന്നു അതുകൊണ്ട് കുമാരനാശിനെ എഴുതി വെച്ചിരിക്കുന്നതാണ് നൂറ് ശതമാനം ശരി പോട്ടെ അത് ഇനി നമുക്ക് പറയാം ഇത് മുമ്പോട്ട് പോട്ടെ അവിടെ വെറുതെ ഗുരുവെ ഗുരുവിന്റെ കൃതികൾ വരുമ്പോഴേ അവിടെ നമുക്ക് ചർച്ച ചെയ്യാം ഇത് മുമ്പോട്ട് പോട്ടെ ഇന്ന് വീതി കിടന്ന് പറയും അവിടെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ഇത്രയും മനസ്സിലാക്കിയോ അതിൽ നിത്യ നൈമിക കർമ്മനുഷ്ഠാന സഹഭാവം ഒരേ സമയം നിന്ത്യാസനം ചെയ്യാന്ന് പറയുന്നു ശങ്കരായ നിഷേധിച്ചിട്ടുണ്ട് ദേവവും നിഷേധിക്കുന്നുണ്ട് അദ്വൈതികളെല്ലാം നിഷേധിക്കുന്ന കാര്യമാണ് ഗുരുവിന്റെ ജീവിതമോ ഗുരുവിന്റെ ദർശനവുമായിട്ടോ ഇതിന് യാതൊരു ബന്ധമുണ്ട് അത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഇപ്പൊ ഞാൻ ഇരുന്നിട്ടൊരു പ്രഭാഷണം നടത്തുന്ന പോലെ പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല അവര് എനിക്കറിവില്ലാതെ പറയണം ഇതൊക്കെ എവരെയൊക്കെ മനസ്സിലാക്കണമെങ്കി ഇത് വായിച്ചു ഇതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത്യനാ സമയത്ത് ആ സത്യനാരായതിനെ കുറിച്ച് എനിക്ക് വിവരമാണ് ഉള്ളത് ഈ ഒരു വിഷയത്തെ കുറിച്ച് സത്യനാരായണ സമയ വിവരം വട്ടപ്പൂച്ചിയാണ് അത് പണ്ടുകൂടെ പഠിപ്പിച്ചുള്ള ഞാനും എന്റെ ക്ലാസ് ഇരുന്ന് ഞാനും കൂടെ ഇരുന്ന് പഠിച്ചാണ് ഞാനും സത്യം ഞാൻ കൂടെ അടുത്തടുത്ത് ഇരുന്ന് പഠിച്ചാണ് അതുകൊണ്ട് എൻ്റെ കാര്യ അതെഴുതി വെച്ചിരിക്കുന്ന നമ്മളും അബദ്ധമാണ് അത് ഇന്നും പറയാൻ പുറത്ത് പറയാൻ കൊള്ളത്ത കാര്യങ്ങളല്ല നിവർത്തിധർമ്മും പ്രവൃത്തിധർമ്മവും പറയുന്നതും ശങ്കരായ പറയുന്നല്ല ഗുരു പറയുന്നു മനസ്സിലെ ഗീതാ ഭക്ഷ്യത്തില് പറയുന്നതല്ല ഗുരു പറയുന്നു രണ്ടും രണ്ടാണ് അതെപ്പോഴും വളർത്തുക ശങ്കരാചാര്യ ഗുരു അദ്വൈതം ഒന്നെന്ന് പറയുന്ന തത്വത്തെ കുറിച്ച് പറയുന്നിടത്ത് ബ്രഹ്മം എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് പറയുന്നിടത്ത് മാത്രമേ ഒരു യോജിപ്പ് കണ്ടെത്താൻ പറ്റൂ ബാക്കി ഒരു സ്ഥലത്തും യോജിപ്പ് കണ്ടെത്താൻ പറ്റില്ല ഗുരുവിന്റെ കാഴ്ചപ്പാട് വേറെയാണ് ശങ്കരാചരുടെ കാഴ്ചപ്പാട് വേറെയാണ് ആരട്ത്ത് വന്നു എന്തോക്കാണാവിടെ ചിന്നാതെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു മൂമെന്റ് പറയാൻ പോയി എന്തോ പരിപാടി അദ്ദേഹത്തെ വിളിച്ചു ആൾക്കാരെ സ്വാമിക്ക് വേറെ ഒരു ഫീൽഡുണ്ട് സ്വാമി ആ ഫീൽഡില് പറയുന്നുണ്ട് ശരി ഗുരുവിന്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നല്ലത് തന്നെയാണ് സ്വാമി പറയുന്ന മുഴുവൻ മോശമൊന്നും എനിക്ക് പറയാൻ ഞാൻ പറയുന്നില്ല പിന്നെ ഈ ആവശ്യമില്ലാത്തട കൈവയ്ക്കുമ്പോഴ് കൈവണ് അതാണ് ഞാൻ പറയുന്നത് അല്ല ബാക്കി സ്വാമി പറയുന്നതൊക്കെ അതൊക്കെ പറയാൻ ആരെങ്കിലും വേണ്ടേ ഗുരുവിന്റെ ചരിത്രം പറയാൻ ഒരാളും കൂടെ വേണ്ടേ അതൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ഭേദം അത്യന്തികം ആഹാ ജിജ്ഞാസ്യം ജിജ്ഞാസയുടെ വിഷയമായിരിക്കുന്നത് ബ്രഹ്മവും ധർമ്മവും ആ ഭേദം അത്യന്തികമാണ് വാസ്തവത്തിലുള്ള ഭേദമാണ് പരമാർത്ഥത്തിലുള്ള ഭേദമാണ് കണ്ടു വന്നല്ല എന്നർത്ഥം പൂർണ്ണമായും ധർമ്മം വേറെയാണ് ബ്രഹ്മം മേരെയാണ് അതാണ് ഭാഷകാലം പറഞ്ഞത് ഭവ്യസ്ഥ ധർമ്മ എന്ന് പറഞ്ഞത് ഭാഷ്യത്തിൽ പറഞ്ഞു നിശ്രേസഫലം ബ്രഹ്മവിജ്ഞാനം മോക്ഷമാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ ഫലം എന്നുവച്ചാ അനുഷ്ഠാനാന്തരപേക്ഷ അവിടെ വേറെ അനുഷ്ഠാനത്തിന്റെ ആവശ്യം അത് ശങ്കരാപംശത്തിന്റെ ഭാഷ നാന്ദപ്രജ്ഞ നബിപ്രജ്ഞം നവേദപ്രജ്ഞം ഇങ്ങനെ പറഞ്ഞു നപ്രജ്ഞ അപ്രജ്ഞ എന്നൊക്കെ പറഞ്ഞു പറയുന്നു അതൊക്കെ നിഷേധിക്കുകയാണ് അന്ധപ്രജ്ഞമല്ല അതേപ്രജ്ഞമല്ല ഇങ്ങനെ നിഷേധം ആ നിഷേധജ്ഞാനം നിഷേധം കൊണ്ട് കേൾക്കുന്ന ആണൊരു ജ്ഞാനം ഉണ്ടാകുന്നു ആ ജ്ഞാനത്തിനപ്പുറം ഒരു സാധനയുടെ ആവശ്യമുണ്ട് മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമുണ്ട് ആ ജ്ഞാനം കൊണ്ട് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത് മറ്റൊരു മോക്ഷത്തിന് വേണ്ടി വേറെ ഒരു ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് നാന്ദപ്രജ്ഞം നബഹിപ്രജ്ഞ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധം ഉണ്ടാകുമോ ആ ബോധം അത് മതി എന്ന് വെച്ചാൽ ഉപനിഷത്തിൽ നിന്നുണ്ടാകുന്ന ബോധം ആ തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെ വേണമെന്നില്ല ഇതും മതി നാന്ദപ്രജ്ഞ നബിപ്രജ്ഞ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധം അത് തന്നെ അവിടെ ശരിയായ ബോധ ഉണ്ടാവണെങ്കിൽ അതാണ് തുരിയാണ് പിന്നെ മോക്ഷം ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് അവിടെയാണ് എന്തുകൊണ്ട് അവിടെ പുരുഷവ്യാപാരം പറഞ്ഞിട്ടുണ്ടോ എന്താകാലം അവിടെ എത്തില്ലോ അല്ലതന്നെ പറഞ്ഞു അവിടെ എത്തിയില്ലല്ലോ ഞാനിപ്പോ വായിച്ചതെന്ന് തോന്നുന്നു എന്നാ അനുഷ്ഠാനാന്തര അതാണിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് അത്രയല്ലേ വായിച്ചുള്ളു അപ്പൊ അതിന്റെ മുമ്പ് പോകുന്ന മനസ്സിലാക്ക അതല്ലേ വായിച്ചത് പിന്നെ ഒരുമയൽ ദൂരെ പോയിട്ട് അതെന്താണ് ഉപയോഗിക്കുന്നത് ഇത് മനസ്സിലായ ഭവ്യസ്ഥ ധർമ്മന്ന് പറഞ്ഞു ആ അതെന്താണ് അത് ആണ് ഇനി മനസ്സിലാക്കേണ്ട അടുത്ത് ഭൌമതികരം വ്യാഖ്യാനിക്കുന്നത് ഭവ്യധർമ്മ്യ ഭവ്യ ശബ്ദത്തിൻ്റെ അർത്ഥം പറയുന്നത് ഭവിത ഭവ്യ ഭവിത എന്ന് വെച്ചാൽ ഭവിക്കുന്നത് അങ്ങനെ പറയാൻ കാരണം പോന്ന് കൃത്യപ്രത്യം വന്നു കഴിഞ്ഞാണ് ഭവ്യ എന്ന് വരുന്നത് അതിൻ്റെ അർത്ഥം വരും ഭവിക്കേണ്ടത് അങ്ങനെ വരും കൃത്യപ്രവരും ഭൂദാതു അകർമ്മഥാദു ആയെന്നുണ്ടായിരുന്നു ഭാവാർത്ഥത്തിൽ വരും ഭവിക്കൽ എന്നിങ്ങനെ വരും അങ്ങനെ വരും അങ്ങനെ വരുമ്പോഴല്ല ഇവിടെ അതല്ല ഇവിടെ ഭവിക്കുന്നത് കർത്തരി അർത്ഥത്തിലാണ് ഭവ്യ ഗേയ പ്രവനീയ പുസ്താനീയ ജന്യ സൂത്രമുണ്ട് ഒരു സൂത്രമുണ്ട് ആ സൂത്രപ്രകാരം കർത്തരി അത് അപൂർവമായി വരുന്നതാണ് കർത്തരി കൃത്യപ്രത്യ അപൂർവമായി പ്രയോഗിക്കുന്നു അങ്ങനെ ഒരു അപൂർവമായ ഒരു പ്രയോഗമാണ് ഈ ഭവ്യ എന്ന് പറയുന്നത് ഭവിക്കുന്നത് അപ്പൊ ഭവിക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടാകുന്നതാണ് ധർമ്മം ബ്രഹ്മം എന്ന് പറയുന്നത് ഉണ്ടാകുന്നതല്ല നിത്യമാണ് ഇതാണ് ഈ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രധാന വ്യത്യാസം ധർമ്മം എന്ന് പറയുന്നത് ഉണ്ടാകുന്നതാണ് ഇപ്പൊ ധർമ്മം എന്ന് പറയുന്നത് എന്ത് എന്തിനാ പറയാം ഇപ്പൊ യാഗാദികളെ എടുക്കുക യാഗം അത് ചെയ്യുന്നതാണ് ഒരാൾ പ്രവർത്തിക്കുന്നതാണ് അപ്പൊ അത് ഉണ്ടാകുന്നതാണ് ഇനി ധർമ്മത്തിന് വേറൊരർത്ഥമുണ്ട് യാഗത്തിൽ നിന്നുണ്ടാകുന്ന അപൂർവം അപൂർവമാണെങ്കിലും അതും ഉണ്ടാകുന്നതാണ് യാഗം ചെയ്തു കഴിയുമ്പോൾ അപൂർവം ഉണ്ടാകുന്നു മീമാംസകരുടെ ഭാവനകളാണ് അതൊക്കെ ഇപ്പം ധർമ്മം എന്ന് പറയുന്നത് യാഗമായാലും ശരി യാഗത്തിൽ നിന്നുണ്ടാകുന്ന അപൂർവമായാലും അതൊക്കെ ഭവ്യമാണ് ഉണ്ടാകുന്നതാണ് ബ്രഹ്മം അങ്ങനെയാണ് ബ്രഹ്മം നിത്യമാണ് ഇതാണ് അങ്ങനെ പറയുന്നത് ഭവിത ഭവ്യ ഭവ്യ എന്ന് പറഞ്ഞ എന്താത്ഥം ഭവിത എന്നാണ് ഭവിത എന്ന് പറയുന്നത് ഭൂതാർച്ചു പ്രത്യം വന്നാണ് ഭവിത ഭവിക്കുന്നത് കർത്തരി കൃത്യ കർത്തരത്വത്തിലൂടെ കൃത്യ പ്രത്യേകം വന്നിരിക്കുകയാണ് ഭവിതാചിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഭാവക വ്യാപാര നിർവർത്തിയതയാ തത്തന്ത്ര ഭാവകൻ എന്ന് പറയുന്നത് എന്താണ് കർത്താവ് ഭവിപ്പിക്കുന്നവൻ ഉണ്ടാക്കുന്നവൻ അവന്റെ വ്യാപാരം അവന്റെ പ്രവൃത്തി അതുകൊണ്ട് നിർവർത്തിയും അതുകൊണ്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തത്തന്ത്ര ആ ഭാവകന് അധീനമാണ് കർത്താവിന് അധീനമാണെന്നർത്ഥം മനസ്സിനായോ ഭാവകൻ എന്ന് പറയുന്നത് കർത്താവും അതായത് ഇപ്പം ഭവ്യം എന്ന് പറയുന്ന ഭവിക്കുന്ന യാഗവും എടുക്കുക യാഗവും നടത്തുകഴിഞ്ഞാൽ അവിടെ ഒരു ഭാവകൻ ഉണ്ടാവും യാഗം ചെയ്യുന്നുവൻ അവന്റെ വ്യാപാരം പ്രവൃത്തി ആ പ്രവൃത്തിയിലൂടെയാണ് യാഗം സിദ്ധമാകുന്നത് ഒരുപാട് പ്രവൃത്തികളുണ്ട് എല്ലാം കൂടെ ചേർക്കേണ്ടി വരും ആ യാഗം ചെയ്യുന്നവന്റെ പ്രവൃത്തി കൊണ്ട് ആ സിദ്ധമാകുന്നത് ആണ് യാഗം ഒരുപാട് പ്രവൃത്തികളുണ്ടല്ലോ എല്ലാം കൂടി ചേരുമ്പോ എന്തായി തീരും ഒരു യാഗമായി തീരും രാജാവാണെങ്കിൽ അവന്റെ കർത്തൃത്വ രാജാവിനോതാണ് ആ യാഗത്തിന്റെ കർത്തൃത്വം കർത്താവ് എന്ന് പറയുന്നത് പുരോഹിതനുണ്ട് അവരാണ് യജമാന എന്തുകൊണ്ട് ഫലം കിട്ടുന്ന ആണ് ആണ് കർത്താവ് പുരോഹിതൻ അതൊക്കെ ചെയ്യിപ്പിക്കുന്ന ആണ് എപ്പോഴും യാഗത്തിന്റെ കർത്താവ് യജമാനാണ് അല്ലാതെ പൂജ ചെയ്യുന്നവനല്ല നമ്മുടെ പൂജാരിമാർക്ക് അതറിയത്തില്ല പൂജാരി അവർ അമ്പലത്തിലൊക്കെ വരുന്നു പൂജ ചെയ്തിട്ട് അവർ വിചാരിക്കുന്നത് ഞങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ഞങ്ങളാണ് കർത്താവ് എന്നാൽ അവർ കർത്താവല്ല കാരണം ഫലം അവർക്കല്ല ഫലം കിട്ടുന്നവനാണ് കർത്താവ് അല്ലെങ്കിൽ വെതികരണ ദോഷം വരും ഒരാൾ കർമ്മം ചെയ്യുന്നു വേറൊരാൾ ഫലം കിട്ടുന്നു അങ്ങനെ വരും അങ്ങനെ വരാൻ പാടില്ല അപ്പം ആ പ്രവൃത്തിയിൽ യജമാനോണ്ട് ചില പ്രവൃത്തികൾ പുരോഹിതന്മാർക്കുമുണ്ട് പ്രവർത്തികൾ എല്ലാം ഉണ്ട് അല്ല പുരോഹിതനും പ്രവർത്തിക്കണമല്ലോ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അത് ഇതൊക്കെ ചെയ്യുന്ന ചില പ്രവർത്തികളൊക്കെ ഉണ്ട് യാഗത്തിൽ യജമാനും ചെയ്യേണ്ട ഭാഗമുണ്ട് ഇതെല്ലാം കൂടെ ചേർന്ന് ഉണ്ടായി യാഗം പക്ഷെ അതിൽ മുഖ്യമായ കർത്തൃത്വം യജമാനാണ് കാരണം യജമാനാണ് സ്വർഗ്ഗത്ത് പോയത് നല്ല പുരോഹിതനല്ല പുരോഹിതന്റെ കർമ്മം അവിടെ ഒരുപാട് നടക്കുന്നുണ്ടെങ്കിലും പുരോഹിതന കിട്ടുന്നത് എന്താണ് ദക്ഷിണയാണ് കർത്താവ് യജമാനായാലേ സ്വർഗ യജമാനെ കിട്ടത്തുള്ളൂ അതുകൊണ്ടൊരിക്കലും പുരോഹിതന്മാരായ കർത്തൃത്വം ഏറ്റെടുക്കും പിന്നെ ചിലടത്തൊക്കെ പറയും ഇത്രയും വലിയ കർമ്മങ്ങളൊക്കെ യജമാനു വേണ്ടി പുരോഹിതനം ചെയ്യുന്നുണ്ട് പുരോഹിതനും സ്വർഗം അതെല്ലാം പറയും പക്ഷേ ഒരു യാഗത്ത് പ്രത്യേകിച്ചെടുത്ത് നോക്കുമ്പോൾ ഇപ്പോ പുത്രകാമേഷ്ടി ചെയ്യും ദശരഥം ചെയ്യുന്നു പുത്രം കിട്ടിയവർക്കാണ് ദശരഥൻ ഇപ്പൊ എന്റെ കർത്താവുകാരാണ് ദശരഥനാണ് അശ്വമേധം ചെയ്യുന്നു സ്വർഗത്തുവാൻ വേണ്ടി ചെയ്യുന്ന ചക്രവർത്തിക്കാണ് കിട്ടുന്നത് സ്വർഗം അവിടെ കർത്താവ് അപ്പോ ഈ ചെയ്യുന്നവൻ ഭാവകന്റെ വ്യാപാരം പ്രവൃത്തികൾ കൊണ്ട് സിദ്ധമാകുന്നാണെന്ത പ്രവൃത്തി കൊണ്ട് സിദ്ധമാകുന്ന എന്താണ് യാഗം തത് തന്ത്ര അതുകൊണ്ട് എന്താ കർത്താവിന് അധീനമാണ് അല്ലെങ്കിൽ പ്രവൃത്തിക്ക് അധീനമാണ് വ്യാപാരത്തിന് അധീനമാണെന്നും പറയാം കർത്താവിന് അധീനമാണെന്നും പറയാം കർത്താവിന് അധീനമാണ് വ്യാപാരവും ഫലവും ഇനി പ്രവൃത്തിക്ക് അധീനമാണ് സ്വർഗം അതെങ്ങനെ വേണോ പറയാം ആ അത് ഇനി അടുത്ത് വരും ആർത്തി ഭാവന എന്ന് വരുന്ന പ്രവൃത്തി അവിടുത്തെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ചെയ്തു പറയുമ്പോ അതില് രണ്ടംശുണ്ട് എന്തൊക്കെയാണ് ലിങ്ഖ്യത്വം ലിങ് ആഖ്യാതങ്ങളിൽ നിന്ന് സർവ്വലകാരങ്ങളുണ്ട് ലിങ് ലിംഗിലും മാത്രമേ ഉള്ളൂ അതില് രണ്ട് കാര്യങ്ങളുണ്ട് ശാബ്ദിക ഭാവനയും അതില് ആർത്തി ഭാവന എന്ന് പറയുന്നതാണ് വ്യാപാരം പ്രവൃത്തി എന്ന് പറയുന്നത് എന്നി പറയും അതുകൊണ്ട് പ്രാക്ജ്ഞാനകാലെ നാസ്തി അപ്പൊ ഈ കർമ്മത്തിന് മുമ്പ് വ്യാപാരം പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് ജ്ഞാനകാലത്തിൽ എന്താണ് കർമ്മമില്ല കർമ്മത്തിന്റെ ഫലവും ഇല്ല ഒന്നുമില്ല ഞാൻ സാർ പറയണം ഞാനോ അദ്ദേഹം പറയുന്നത് എന്താണ് ജ്ഞാനം ഉണ്ടായാൽ ജ്ഞാനകാലത്ത് തന്നെ എന്തുണ്ട് മോക്ഷമുണ്ട് ജ്ഞാന സമകാലം തന്നെ മോക്ഷം കർമ്മത്തെ സംബന്ധിച്ചങ്ങനെന്താ ജ്ഞാനമുണ്ടാകുന്നു പിന്നെ പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ച ശേഷം സ്വർഗ്ഗം ജ്ഞാനകാലത്തിൽ പ്രവൃത്തിയില്ല സ്വർഗമില്ല രണ്ടുമില്ല ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം അപ്പൊ ധർമ്മം എന്ന് പറയുന്നത് ജ്ഞാനകാലത്തിൽ ഇല്ല ധർമ്മ അനുഷ്ഠാനമാണെങ്കിൽ ജ്ഞാനകാലത്തിൽ അനുഷ്ഠാനമില്ല ജ്ഞാനം കഴിഞ്ഞ് പിന്നെ അനുഷ്ഠിക്കണം അതാണ് ധർമ്മത്തിന്റെ പ്രത്യേകത ജ്ഞാനകാലത്ത് ജ്ഞാനമേയുള്ളൂ പിന്നെ ധർമ്മം ഇപ്പോൾ അത് അനുഷ്ഠിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത് അതായത് വേദത്തിൽ നിന്ന് കേൾക്കുന്നു സ്വർഗ്ഗകാമ് എജേതാ ഇന്ന് കേൾക്കുന്നു ചിത്രയ എജേത ഇങ്ങനെ പറയും ഇത് കേൾക്കുന്ന സമയം അയാൾ അതിനെക്കുറിച്ച് വിചാരം ചെയ്ത് മനസ്സിലാക്കുന്ന സമയമാണ് ജ്ഞാനകാലം അതുകഴിഞ്ഞ് എന്ത് ചെയ്യുന്നു ആണ് ആ കർമ്മം ചെയ്യുന്നത് അപ്പം ജ്ഞാനകാലത്തിൽ യാഗമില്ല യാഗത്തിൽ നിന്നുള്ള അപൂർവമില്ല അതുകൊണ്ടുണ്ടാകുന്ന മോക്ഷമില്ല ഇതൊന്നുമില്ല അതുകൊണ്ട് ധർമ്മം എന്ന് പറയുന്നത് ഭവിതാണ് ഉണ്ടാകുന്നതാണ് ജ്ഞാനത്തിന് ശേഷം ഉണ്ടാകുന്നതാണ് ധർമ്മത്തിന്റെ പുറത്ത് ബ്രഹ്മം അങ്ങനെയുണ്ട് ബ്രഹ്മം എങ്ങനെയാണ് നിത്യസക്തമാണ് ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പുമുണ്ട് ജ്ഞാനം ഉള്ളപ്പോഴുമുണ്ട് ഞാനും നശിച്ചുപോയാലും ഉണ്ട് അത് നിത്യമാണ് ഇതാണ് നിങ്ങളുടെ വ്യത്യാസം ചെയ്തത് അതായത് കൊണ്ട് ില്ല അല്ലെങ്കിൽ കർമാനുഷ്ഠാനം കൊണ്ട് അവർക്ക് ഫലം കിട്ടുന്നു യജമാനന് ഫലം കിട്ടുന്നു സ്വകാര്യ അതേസമയം ഭാവകനെന്ന നിലയിൽ അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്ന ആളെന്ന നിലയിൽ അവന് പുരുഷ തന്ത്രം കൊണ്ട് അവന് ഈ സ്വകാര്യകളിൽ എഴുതി അതേസമയം ജ്ഞാനകാലത്ത് അല്ലെങ്കിൽ ജ്ഞാനകാലത്ത് കർമ്മമില്ലാത്തത് അത് നിത്യമായിരിക്കുന്നതാണ് അത് പറഞ്ഞ കർമ്മത്തെക്കുറിച്ചുള്ള അങ്ങനെയാണ് ഉം അതാ ബ്രഹ്മജ്ഞാന ഞാനും ഒന്ന് കേട്ടാണ് ബ്രഹ്മജ്ഞാന ജ്ഞാനകാലം എന്ന് പറയുന്ന ബ്രഹ്മജ്ഞാനം അല്ല ധർമ്മത്തെ കുറിച്ചുള്ള ഞാൻ ഞാനെന്നുവെച്ച ധർമ്മത്തെ കുറിച്ചുള്ള ഞാൻ ആ ഞാനകാലത്ത് ധർമ്മ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് അല്ല പറയും വസ്തുവാണ് ജ്ഞാനം എന്ന് വെച്ചാൽ എന്തുജ്ഞാനം ധർമ്മജ്ഞാനം അതാണ് ഇവിടെ പറഞ്ഞത് ജ്ഞാനകാലേ തഥാപ്രാക് എന്ന് വെച്ചാൽ യാഗം അനുഷിക്കുന്നതിന് മുമ്പ് ജ്ഞാനകാലത്തിൽ എന്താണ് ധർമ്മമില്ല അതാണ് ധർമ്മത്തിന്റെ പ്രത്യേകത ഇനി ഭൂതം ഭാഷ്യത്തിൽ പറയുന്നു ഭവ്യസ്ഥ ധർമ്മവും ഉണ്ടാകുന്നാണ് ധർമ്മം ഭാഷ ജിജ്ഞാസ്യോ അത് ജിജ്ഞാസക്ക് വിഷയമാണ് എന്നാ ജ്ഞാനകാലയസ്ഥി എന്ന് പറഞ്ഞാൽ ധർമ്മജ്ഞാനത്തിന്റെ കാലത്ത് ധർമ്മം ഇല്ല എന്നറിയാം എന്തുകൊണ്ട് പുരുഷവ്യാപാര തന്ത്രത്വ അത് പുരുഷവ്യാപാരത്തിന് അധീനമാണെന്ന് പറഞ്ഞാൽ പുരുഷന്റെ പ്രയത്നം കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ് ധർമ്മം യാഗം ചെയ്യുന്നവന്റെ ആ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിക്കുമ്പോഴാണ് ഇവിടെ യാഗം സിദ്ധമാകുന്നത് അതുകൊണ്ടാണ് പുരുഷ വ്യാപാരത്തിന് ധർമ്മം എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടുത്തെ കാര്യം പറയുന്നു പൂർവമീമാംസയുടെ കാര്യമാണ് ഈ പറയുന്ന നിത്യത്വ പുരുഷ വ്യാപാരതന്ത്രം അതാണ് വ്യത്യാസം ഇവിടെ ചർച്ച ചെയ്യുന്നു ഈ ബ്രഹ്മസൂത്രത്തെ ചർച്ച ചെയ്യുമ്പോ ഭൂതം ഭൂതമെന്ന് വെച്ചാൽ സത്യം കഴിഞ്ഞുപോയെന്നുള്ള അർത്ഥമാണ് ഭക്ഷ്യകാലം എഴുതിയിരിക്കുന്നു ഭാവനികാരം പറയുന്നത് ഭൂതം സത്യം ഭൂതം ബ്രഹ്മ എന്നുവെച്ചാൽ സത്യം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് അത് ഉണ്ടാകുന്നതല്ല അത് ഉണ്ടാകുന്നത് എന്താ സത്യമാണ് മൂന്ന് കാലത്തിന് നിലനിൽക്കുന്നതാണ് സത്യംന്ന് സത് ഏകാന്തോ ഏകാന്തത പൂർണ്ണമായും എന്താണ് സത്താണത് കഥാചിത് അതൊരിക്കലും അസത്താകുന്നില്ല ഇല്ലാത്ത ആകുന്നില്ല ധർമ്മം പോലെയുള്ള ധർമ്മം പോലെയെന്ന് പറയുന്നത് എന്താണ് കഥാചിത് സത്താണ് ചെയ്തു കഴിഞ്ഞാ യാഗമുണ്ട് ചെയ്തില്ലെങ്കിൽ യാഗം ഇല്ല ഇനി ചെയ്തു കഴിഞ്ഞ യാഗമുണ്ടായാലോ ഒന്ന് ഇഷ്ടമോ അതെന്താണ് കഥാചിത് സത്യമാണ് ധർമ്മം ബ്രഹ്മമാണെങ്കിലോ നിത്യസത്യമാണ് അതാണ് ന കഥാകാരത് സത്യം വ്യത്യാസം അപ്പൊ നിത്യമായ ഒരു സത്യമായ ബ്രഹ്മം അങ്ങനെ കൊണ്ടെന്നുള്ള ഇതാണ് ശങ്കരാചാരന്റെ സിദ്ധാന്തം ഭൂതം എന്നുള്ളതിന് നിത്യം നിത്യം സത്യം എന്നർത്ഥം അങ്ങനെ അർത്ഥമുണ്ട് ഭൂതശബ്ദത്തിന് ഭൂതശബ്ദത്തിന് സത്യം അർത്ഥമുണ്ട് എപ്പോഴും ഉള്ളത് എന്നുള്ള നിഷ്ഠ വരും ഭൂതാർത്ഥത്തിൽ കഴിഞ്ഞുപോയി എന്നുള്ളത് ഇവിടെ അങ്ങനെ ഇവിടെ നിഷ്ഠ വന്നിരിക്കുന്നത് വർത്തമാനത്തിനാണ് വർത്തനമാനത്തിലേക്കും ഒന്നുള്ള അർത്ഥത്തിലാണ് അത് വേറെ അവിടെ ഭൂതം എന്ന് പറഞ്ഞാൽ പഴയ കാലം ഒന്നുള്ള ഇവിടെ അർത്ഥത്തിലുള്ള ഭൂതം എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഉള്ളത് എന്നുള്ള ഭൂതകാല അർത്ഥത്തിൽ നിഷ്ഠ ഇതങ്ങനെന്താ ഇത് വർത്തമാനാർത്ഥത്തിലുള്ള നിഷ്ഠയാണ് പക്ഷെ അത് എല്ലാ കാലവും അർത്ഥത്തിലാണ് അപ്പൊ എപ്പോഴും ഉള്ളത് ഭൂതം സത്യം ശങ്കരാചാര്യയുടെ ഒരു കണ്ടുപിടുത്തമാണ് ഇതെന്താണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന മീമാംസവരെ പറയുന്നെന്താണ് പ്രവൃത്തികൾ കൊണ്ട് ശക്തമാകുന്ന ഒരു യാഗമുണ്ട് അപൂർവമുണ്ട് സ്വർഗമുണ്ടെന്ന് പറയുന്ന അവരുടെ ഭാവനയാണ് അനേകം പേര് ഓടിച്ചേർന്ന് കൊറേ പ്രവൃത്തി എടുക്കുമ്പം യാഗമെന്ന് പറയുന്നുണ്ട് അതിനൊന്ന് എന്തുകൊണ്ട് ഫലമുണ്ട് അതിന് ഈ യാഗം എന്ന് പറയുന്നത് ഒരു കല്പനയുണ്ട് കാരണം അത് ആൾക്കാർ കുറെ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് പറയും ഇതാണ് യാഗം എല്ലാം ചേർത്തിട്ട് കുറെ ബലിയും അതും ഇതുമൊക്കെ നടത്തി കുറെ വിളക്ക് കത്തിയൊക്കെ കൂട്ടി ഹോം വർക്ക് നടത്തി കഴിഞ്ഞിട്ട് പറയും ഇതാണ് യാഗം അപ്പൊ അതൊരു കല്പനയല്ല അവർ ചെയ്യുന്ന കാര്യമാണ് കുഴിയെടുത്താനകത്തിട്ട് തീടുന്നു ഒരു പ്രവൃത്തിയാണ് കത്തിക്കുകയാണ് അതൊക്കെ പ്രവൃത്തിയാണ് അത് ഭാവനയല്ല അങ്ങനവര് കൊടുക്കുന്ന പേരാണ് യാഗം ദേവന്മാരെ പൂജിക്കുന്നോണ്ട് അതിന് യാഗം ഒന്ന് പേരും പിന്നെ അതിൽ നിന്നൊരു അപൂർവം ഉണ്ടാവും എന്ന് പറയുന്ന അവരുടെ കല്പന ഉണ്ടാവും പറയുന്നു അവരുടെ കല്പന ശങ്കരാ പറയുന്ന അതിന് നേരെ വിപരീതമായൊരു സദാ നിത്യം സദാ നിലനിൽക്കുന്ന നിത്യമായിരിക്കുന്ന ബ്രഹ്മം എന്ന് പറയുന്ന ഒന്നുണ്ട് ഇതെന്താണ് ബ്രഹ്മം എന്ന് പറയുന്ന നിത്യസത്യമായിട്ടൊന്നുണ്ട് എന്ന് പറയുന്നത് ഇതെന്താണ് ഇത് ശങ്കരാചാര്യ ഒരു കല്പന ഒരു ഭാവന അപൂർവവും അപൂർവവും സ്വർഗമൊക്കെ ഭാവന ചെയ്ത പോലെ ശങ്കരാചാര്യടി ഒരു ഭാവനയാണെന്തു നിത്യ സത്യമായ ഒരു ബ്രഹ്മം ഉണ്ട് അത് ശങ്കരാചരുടെ ഭാവനയാണ് ശൂന്യവാദത്തിൽ നിഷരിക്കുന്നു ശങ്കരായര് അങ്ങനെ ഭാവന ചെയ്തതിന് അടിസ്ഥാനമുണ്ട് അങ്ങനെ പറയാൻ കാരണം ശങ്കരായര് പറയുന്നത് എന്താണ് അത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് വെറും ഭാവനയുണ്ട് വേദത്തിനങ്ങനെ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്നൊക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ സത്യമായ ഒരു ബ്രഹ്മം ഉണ്ടെന്ന് ശങ്കരാണീട്ട് പറയും മനസിലായോ അതുകൊണ്ട് ശങ്കരാചാര്യ പറയുന്നതിന് കാര്യമുണ്ട് വേദം എന്ന് പറയുന്നത് എന്താ അത് ഈശ്വരൻ പറഞ്ഞത് മനുഷ്യൻ പറഞ്ഞ ഈശ്വരൻ പറഞ്ഞ അപ്പൊ ഈശ്വരം പറഞ്ഞ വേദത്തിൽ സത്യമായ ബ്രഹ്മം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനാർക്കും ഇങ്ങനെ നിഷേധിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ശങ്കരാചാര്യ പറഞ്ഞത് ഭാവന സത്യമാണ് ഇതാണ് ശങ്കരാചാര്യ നിലപാട് ഹീമാംസകരാണ് എന്താണ് പറയുന്നത് ഞങ്ങൾ പറയുന്ന അപൂർവം ഉണ്ട് സ്വർഗമുണ്ട് ഇതും വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങളും വേദത്തിൽ പറയുന്നുണ്ട് എല്ലാരും വേദത്തെപ്പുറിച്ചാണ് ആണ ഇടുന്നത് ഇതൊക്കെ ഉണ്ടെന്നുള്ളത് അതുകൊണ്ട് വേദം ഇവർക്ക് രണ്ടു കൂട്ടർക്കും പ്രമാണമാണ് അപ്പൊ അദ്വൈതമെന്ന് പറയുന്ന ഒരു സിദ്ധാന്തം വേദത്തെ മുൻനിർത്തി മാത്രമേ പോകത്തുള്ളൂ അതൊക്കെ ഇപ്പൊ പറയാൻ പോയി എവിടെ നീക്കത്തില്ല ഉണ്ടായിരുന്ന അത് ഇതുപോലെ തന്നെ വിപുലമായൊരു സബ്ജെക്ട് ആണ് ശരി പറയാൻ പറ്റുന്ന കാര്യം എല്ലാവർക്കും എന്നാ ശരി